ഹാബിന് ശമരിയയിൽ എഴുപത് പുത്രന്മാർ ഉണ്ടായിരുന്നു യേഹു ഇസ്രയേൽ പ്രഭുക്കന്മാർക്കും മൂപ്പന്മാർക്കും ആഹാബിന്റെ പുത്രപാലകന്മാർക്കും ശമരിയയിലേക്ക് എഴുത്തുകളെ എഴുതി അയച്ചതെന്തെന്നാൽ നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാരും രഥങ്ങളും കുതിരകളും ഉറപ്പുള്ള പട്ടണവും ആയുധങ്ങളും നിങ്ങളുടെ കൈവശമുണ്ടല്ലോ ആകയാൽ ഈ എഴുത്ത് നിങ്ങളുടെ അടുക്കൽ എത്തിയ ഉടനെ നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാരിൽ ഉത്തമനും യോഗ്യനുമായവനെ നോക്കിയെടുത്ത് അവന്റെ അപ്പന്റെ സിംഹാസനത്തിൽ ഇരുത്തി നിങ്ങളുടെ യജമാനന്റെ ഗ്രഹത്തിനുവേണ്ടി യുദ്ധം ചെയ്യും അവരോ ഏറ്റവും ഭയപ്പെട്ടു രണ്ട് രാജാക്കന്മാർക്ക് അവനോട് എതിർത്ത് കഴിഞ്ഞില്ലല്ലോ പിന്നെ നാം എങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞു ആകയാൽ രാജധാനി വിചാരകനും മൂപ്പന്മാരും പുത്രപാലകന്മാരും യേഹുവിന്റെ അടുക്കൽ ആളയച്ച് ഞങ്ങൾ നിന്റെ ദാസന്മാർ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യ ഞങ്ങൾ ഒരുത്തനെയും രാജാവാക്കുന്നില്ല നിന്റെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക എന്ന് പറയിച്ചു അവൻ രണ്ടാമതും എഴുത്തെഴുതിയത് നിങ്ങൾ എന്റെ പക്ഷം ചേർന്ന് എന്റെ കൽപ്പന കേൾക്കുമെങ്കിൽ നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാരുടെ തല ീ നേരത്ത് ഇസ്രയേലിൽ എന്റെ അടുക്കൽ കൊണ്ടുവരുവെ എന്നാൽ രാജകുമാരന്മാർ എഴുപത് പേരും തങ്ങളെ വളർത്തുന്ന നഗരപ്രധാനികളോടുകൂടെ ആയിരുന്നു ഈ എഴുത്ത് അവരുടെ അടുക്കൽ എത്തിയപ്പോൾ അവർ രാജകുമാരന്മാരെ എഴുപത് പേരെയും പിടിച്ച് കൊന്ന് അവരുടെ തല കൊട്ടയിലാക്കി ഇസ്രയേലിൽ അവന്റെ അടുക്കൽ കൊടുത്തയച്ചു ഒരു ദൂതൻ വന്നവനോട് അവർ രാജകുമാരന്മാരുടെ തല കൊണ്ടുവന്നിരിക്കുന്നു എന്നറിയിച്ചു അവയെ പടിപ്പുരവാതുക്കൽ രണ്ടു കൂമ്പാരമായി കൂട്ടി രാവിലെ വരെ വെച്ചേക്കുവിൻ എന്നവൻ കൽപ്പിച്ചു പിറ്റേന്നാൾ രാവിലെ അവൻ പുറത്തു നിന്ന് സർവ്വജനത്തോടും പറഞ്ഞതെന്തെന്നാൽ നിങ്ങൾ നീതിമാന്മാർ ഞാനോ എന്റെ യജമാനന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി അവനെ കൊന്നുകളഞ്ഞു എന്നാൽ ഇവരെയൊക്കെയും കൊന്നത് ആർ ആകയാൽ യഹോവ ആഹാബ് ഗ്രഹത്തെക്കുറിച്ച് അരുളി ചെയ്ത യഹോവയുടെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകയില്ല എന്നറിഞ്ഞുകൊള്ളേ യഹോവ തന്റെ ദാസനായ ഏലിയാവു മുഖാന്തരം അരുളി ചെയ്തത് അങ്ങനെ യേഹു ഇസ്രയേലിൽ ആഹാബ് ഗ്രഹത്തിൽ ശേഷിച്ചവരെയൊക്കെയും അവന്റെ സകല മഹത്തുക്കളെയും ബന്ധുക്കളെയും പുരോഹിതന്മാരെയും ആരും ശേഷിക്കാത്തവണ്ണം സംഹരിച്ചുകളഞ്ഞു പിന്നെ അവൻ പുറപ്പെട്ട് ശമരിയിൽ ചെന്ന് വഴിയിൽ ഇടയന്മാർ രോമം കത്തിരിക്കുന്ന വീട്ടിനരികെ എത്തിയപ്പോൾ യേഹു യഹൂദ രാജാവായ അഹസിയാവിന്റെ സഹോദരന്മാരെ കണ്ടിട്ട് നിങ്ങളാറെന്ന് ചോദിച്ചു ഞങ്ങൾ അഹസ്യാവിന്റെ സഹോദരന്മാർ രാജാവിന്റെ മക്കളെയും രാജ്ഞിയുടെ മക്കളെയും അഭിവന്ദനം ചെയ്യുവാൻ പോകയാകുന്നു അപ്പോൾ അവൻ അവരെ ജീവനോടെ അവർ അവരെ ജീവനോടെ പിടിച്ചു അവരെ നാൽപ്പത്തിരണ്ട് പേരെയും രോമം കത്തിരിക്കുന്ന വീട്ടിന്റെ കളത്തിങ്കൽ വെച്ച് കൊന്നു അവരിലുരുത്തനെയും ശേഷിപ്പിച്ചില്ല അവൻ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ എതിരേൽപ്പാൻ വരുന്ന രേഖാബിന്റെ മകനായ യോനാദാബിനെ കണ്ട വന്ദനം ചെയ്ത അവനോട് എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നത് പോലെ നിന്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിന് യോനാദാബ് അതെയെന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ കൈതരിക അവൻ കൈ കൊടുത്തു അവനവനെ തന്റെ രഥത്തിൽ കയറ്റി നീ എന്നോടുകൂടെ വന്ന് യഹോവയെക്കുറിച്ച് എനിക്കുള്ള ശുഷ്കാന്തി കാണുക എന്ന് അവൻ പറഞ്ഞു അങ്ങനെ അവനെ രഥത്തിൽ കയറ്റി അവർ ഓടിച്ച് പോയി ശമരിയയിൽ എത്തിയപ്പോൾ അവൻ ശമരിയയിൽ ആഹാബിന് ശേഷിച്ചവരെ ഒക്കെയും യഹോവ ഏലിയാവോട് അരുളിച്ചെയ്ത വചനപ്രകാരം ഒട്ടൊഴിയാതെ സംഹരിച്ചു കളഞ്ഞു പിന്നെ യേഹു സകല ജനത്തെയും കൂട്ടി അവരോട് ആഹാബ് ബാലിനെ അല്പമേ സേവിച്ചുള്ളൂ യേഹുവോ അവനെ അധികം സേവിക്കും ആകയാൽ ബാലിന്റെ സകല പ്രവാചകന്മാരെയും സകല പൂജകന്മാരെയും സകല പുരോഹിതന്മാരെയും എന്റെ അടുക്കൽ വരുത്തുവിൽ ഒരുത്തനും വരാതിരിക്കരുത് ഞാൻ ബാലിന് ഒരു മഹായാഗം കഴിപ്പാൻ പോകുന്നു വരാത്തവർ ആരും ജീവനോടെ ഇരിക്കയില്ല എന്ന് കൽപ്പിച്ചു എന്നാൽ രെ നശിപ്പിക്കത്തക്കവണ്ണം യേഹു ഈ ഉപായം പ്രയോഗിച്ചു ബാലിന് ഒരു വിശുദ്ധ സഭായോഗം ഘോഷിപ്പീനെന്ന് അങ്ങനെ യേഹു ഇസ്രയേൽ ദേശത്ത് എല്ലായിടവും ആളയച്ചതുകൊണ്ട് ബാലിന്റെ സകല പൂജകന്മാരും വന്നു ഒരുത്തനും വരാതിരുന്നില്ല അവർ ബാലിന്റെ ക്ഷേത്രത്തിൽ കൂടി ബാൽ ക്ഷേത്രം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തിങ്ങി നിറഞ്ഞു അവൻ വസ്ത്രവിചാരകനോട് ബാലിന്റെ സകല പൂജകന്മാർക്കും വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്ക എന്ന് കൽപ്പിച്ചു അവൻ വസ്ത്രം കൊണ്ടുവന്ന് കൊടുത്തു പിന്നെ യേഹുവും രേഖാബിന്റെ മകനായ യോനാദാബും ബാലിന്റെ ക്ഷേത്രത്തിൽ കടന്ന് ബാലിന്റെ പൂജകന്മാരോട് ബാലിന്റെ പൂജകന്മാർ മാത്രമല്ലാതെ യഹോവിയുടെ പൂജകന്മാർ ആരും ഇവിടെ നിങ്ങളോടുകൂടെ ഇല്ലാതിരിക്കേണ്ടതിന് തിരഞ്ഞുനോക്കുവിൻ എന്ന് കൽപ്പിച്ചു അവർ ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും കഴിപ്പാൻ അകത്തു ചെന്നശേഷം യേഹു പുറത്ത് എൺപത് പേരെ നിർത്തി ഞാൻ നിങ്ങളുടെ കൈയിൽ ഏൽപ്പിക്കുന്ന ആളുകളിൽ ഒരുത്തൻ ചാടിപ്പോയാൽ അവന്റെ ജീവന് അവനെ വിട്ടയച്ചവന്റെ ജീവനായിരിക്കും എന്ന് കൽപ്പിച്ചു ഹോമയാഗം കഴിച്ചു തീർന്നപ്പോൾ യേഹു അകമ്പടികളോടും പടനായകന്മാരോടും അകത്തു കടന്ന് അവരെ കൊല്ലുവിരുത്തനും പുറത്തു പോകരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെ വാളിന്റെ വഴ്ത്തലയാൽ അവരെ കൊന്നു അകമ്പടികളും പടനായകന്മാരും അവരെ പുറത്ത് എറിഞ്ഞുകളഞ്ഞു ബാൽക്ഷേത്രത്തിന്റെ നഗരത്തിൽ ചെന്ന് ബാൽ ക്ഷേത്രത്തിലെ സ്തംഭവിഗ്രഹങ്ങളെ പുറത്തുകൊണ്ടുവന്ന് ചുട്ടുകളഞ്ഞു അവർ ബാൽ സ്തംഭത്തെ തകർത്ത് ത്തെ ഇടിച്ച് അതിനെ മറപ്പുരയാക്കിത്തീർത്തു അത് ഇന്നുവരെ അങ്ങനെ തന്നെ ഇരിക്കുന്നു ഇങ്ങനെ യേഹു ബാലിനെ ഇസ്രയേലിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു എങ്കിലും ബേധയിലിലും ദാനിലുമുണ്ടായിരുന്ന പൊൻകാളക്കുട്ടികളെക്കൊണ്ട് ഇസ്രയേലിനെ പാപം ചെയ്യുമാറാക്കിയ നബാത്തിന്റെ മകനായ യോരോബയാമിന്റെ പാപങ്ങളെ യേഹു വിട്ടുമാറിയില്ല യഹോവാ യേഹുവിനോട് എനിക്കിഷ്ടമുള്ളത് നീ നല്ലവണ്ണം അനുഷ്ഠിച്ചതുകൊണ്ടും എന്റെ ഹിതപ്രകാരമൊക്കെയും ആഹാബ് ഗ്രഹത്തോട് ചെയ്തതുകൊണ്ടും നിന്റെ പുത്രന്മാർ ഇസ്രയേലിന്റെ രാജാസനത്തിൽ നാലാം തലമുറ വരെ ഇരിക്കുമെന്ന് അരുളി എങ്കിലും യേഹു ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ ന്യായ പൂർണ്ണ മനസ്സോടെ നടക്കുന്നതിന് ജാഗ്രത കാണിച്ചില്ല ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച യോരോബയാമന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറിയതുമില്ല ആ കാലത്ത് യഹോവ ഇസ്രയേലിനെ കുറച്ചു തുടങ്ങി ഹസായേൽ ഇസ്രയേലിന്റെ അതിരുകളിലൊക്കെയും അവരെ തോൽപ്പിച്ചു അവൻ യോർദാന്യ കിഴക്ക് ഗാദ്യർ രൂപന്യ മനശേയർ എന്നിവരുടെ ദേശമായ മുഴുവനും ജയിച്ചടക്കി അർണോൻ തോട്ടിനരികെയുള്ള അരോവേർ മുതൽ ഗലയാദും വാശാനും തന്നെ യേഹുവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവന്റെ സകല പരാക്രമ പ്രവൃത്തികളും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവനെ ശമരിയയിൽ ടക്കം ചെയ്തു അവന്റെ മകനായ യഹോവഹാസ് അവനു പകരം രാജാവായി യേഹു ശമരിയേ ഇസ്രയേലിനെ വാണകാലം ഇരുപത്തെട്ട് സംവത്സരം ആയിരുന്നു